അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നു കർത്താവ് നമ്മെ രക്തത്താൽ നമ്മെ വീണ്ടെടുക്കുന്നു രക്തത്താൽ വീണ്ടെടുത്ത് അതിനെ തുടർന്ന് നമുക്ക് ഒരു ജീവൻ്റെ ഉറവ നമുക്ക് വേണ്ടി തുറന്ന് ആ ജീവനിൽ നാം വളരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു അതിനു എല്ലാ പ്രൊവിഷനും അവിടുത്തെ ക്രൂശിലൂടെ ദൈവം തന്ന് തുടർന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് ഒരു പുതുക്കവും കഴുകലും ഒക്കെ ആ വെള്ളത്തിലൂടെ നമ്മെ നൽകി നമ്മെ ഒരു ശരീരമായിട്ട് ചേർന്ന് ചേർത്ത് പണിത് കർത്താവിനൊരു മണവാട്ടിയായിട്ട് ഒരുക്കുന്ന ഒരു പ്രക്രിയയിലാണ് നാം ആയിരിക്കുന്നത് അപ്പോൾ ദൈവം നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തികളെല്ലാം വീണ്ടെടുക്കപ്പെട്ട ദൈവ നമ്മെ രക്ഷിക്കുന്നു നമ്മെ പണിയുന്നു നമ്മെ ഒരുക്കി കർത്താവിൻ്റെ ഒരു മണവാട്ടിയായി കർത്താവിനായിട്ട് ഒരുക്കുന്നു ആ മണവാട്ടി എന്ന് പറയുന്നത് അത് ഒറ്റയൊറ്റ വ്യക്തിയല്ല കർത്താവിനായിട്ട് ഒരു മണവാട്ടി ഒരു സഭയാണ് ആ സഭയിൽ അംഗങ്ങളായിട്ട് വ്യത്യസ്തരായ ആളുകൾ വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്നുള്ളവർ വ്യത്യസ്ത ടൈപ്പായിട്ടുള്ള ആളുകൾ അവരെ ചേർത്ത് പണിയുന്ന ഒരു പ്രക്രിയ അതിൻ്റെ മധ്യത്തിൽ നാം നിലത്ത് വീണിച്ചാകാതെ ഇരുന്നാൽ ഗോതമ്പണി നിലത്ത് വീണിച്ചാകുന്നുവെങ്കിൽ അത് വളരെ ഫലം കൊടുക്കും എന്നാണ് നമ്മളവിടെ വായിക്കുന്നത് പക്ഷേ ആകാതെ ഞാൻ എൻ്റെ വ്യക്തിത്വം ഞാൻ തനതായും മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന ഞാൻ തനിയേയിരിക്കും ഞാൻ തനിയേയിരിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയും നമ്മൾ ദൈവസഭയിൽ ഇവിടെ വന്ന് രക്ഷിക്കപ്പെട്ടു കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടു ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഒരു പ്രവൃത്തി ദൈവം നമ്മൾ ചെയ്യുന്നു കർത്താവ് നമ്മെ കഴുകി മുമ്പോട്ട് നടത്തുന്നു ജീവൻ്റെ ഉറവ നമുക്ക് നൽകുന്നു അത് ദൈവം നമ്മെ പണിയുമ്പോൾ അതിനായിട്ട് വിധേയപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഒറ്റ വ്യക്തികളായിട്ട് നിൽക്കാതെ കർത്താവെ അങ്ങാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ടത്തിൽ ഞാനും കർത്താവെ എൻ്റെ ഒരു വ്യക്തിത്വം നിലനിർത്താതെ ഞാനിതാ എൻ്റെ സഹോദരി സഹോദന്മാരോടൊപ്പം പണിയപ്പെടുവാനായിട്ട് കർത്താവെ ഞാനും ഏൽപ്പിച്ചു ഈ പ്രക്രിയയിലൂടെയാണ് ദൈവത്തിന് ദൈവത്തിൻ്റെ സഭയെ പണിത് ഒരു മണവാട്ടിയെ ഒരുക്കുവാനായിട്ട് കഴിയുന്നത് നമ്മളൊന്ന് രാജാക്കന്മാർ ആറാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ഒന്ന് രാജാക്കന്മാർ ആറാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം അതിങ്ങനെയാണ് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിത്തതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക മഴ മുതലായ യാതൊരു ഇരുമ്പായുധത്തിൻ്റെയും ഒച്ച ആലയത്തിൽ കേൾക്കുവാനില്ലായിരുന്നു ഒരു സമയത്ത് നാം ദൈവസന്നിധിയിലേക്ക് നാം ചേർക്കപ്പെടുമ്പോൾ അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ അവിടെയല്ല ഒരു പണി നടക്കുന്നത് അവിടെ ശബ്ദമൊന്നുമില്ല അവിടെ ഒച്ചയൊന്നുമില്ല എന്നാൽ ഇന്ന് നാം ഇവിടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ വെട്ടുകുഴിയിലായിരിക്കുമ്പോൾ ഒരു ദൈവസഭയായിട്ട് നാം ഒന്നിച്ച് കൂടി വരുമ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ നമ്മെ പല രീതിയിൽ ദൈവം ചുറ്റുകയും മഴവും ഒക്കെ ഉപയോഗിച്ച് പല സാഹചര്യങ്ങളിലൂടെ വ്യക്തികളിലൂടെ ദൈവം നമ്മെ തൊട്ട് നമ്മളിൽ ഒരു പ്രവർത്തി ചെയ്യുകയാണ് അപ്പോൾ നാം അവിടെ തന്നെ നമ്മുടെ കുറവ് തീർക്കാനായിട്ട് നാം കൊടുക്കുമ്പോൾ ഈ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ നാം കുറവ് തീർക്കാനായിട്ട് ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് ഒരുക്കപ്പെട്ട് കർത്താവിൻ്റെ വരവിങ്കൽ നമുക്ക് ഒരു മണവാട്ടി സഭയുടെ ഭാഗമായിട്ട് നമുക്ക് ചേർന്ന് നിന്ന് കർത്താവിനോടൊപ്പം നമുക്കായിരിക്കാനായിട്ട് കഴിയും നാം ആ യാത്രയിൽ ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ പല ചെറുപ്പക്കാരും മുതിർന്നവരും ഒക്കെ നമ്മളിവിടെ മീറ്റിങ്ങിലൊക്കെ ചിലപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ദൈവത്തെ സ്തുതിക്കണം ദൈവത്തിന് നന്ദി പറയണം എന്നൊക്കെ പറയുമ്പോൾ പലരും അവർ വായ തുറന്ന് ദൈവത്തെ സ്തുതിക്കാനായിട്ട് പലർക്കും മടിയാണ് പലരും ഒരുതരം നിരാശയിൽ ഒരു തരം ഇരിക്കുന്നത് പോലെ ചിലര് മുഖം കുനിച്ചിരിക്കുന്നു ചിലര് വാ തുറക്കാതിരിക്കുന്നു ചിലര് ഒരു തരം മന്ദഗതിയിൽ ഇരിക്കുന്നു നമ്മൾ യഥാർത്ഥത്തിൽ വേറെ പറഞ്ഞതുപോലെ ഈ രക്തത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കിയാലും കർത്താവ് നമ്മെ വീണ്ടെടുത്തത് വിലയേറിയ വിലയേറപ്പറ്റപ്പെട്ട തന്റെ പുത്രന്റെ രക്തത്തിലൂടെയാണ് കർത്താവ് നമ്മെ വീണ്ടെടുത്തത് അപ്പോൾ ആ രക്തത്തിൻ്റെ വില എന്നെ വീണ്ടെടുത്തു എന്നെ കഴുകി എന്നെ ശുദ്ധീകരിച്ചു എന്നെ നീതീകരിച്ചു എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ പീഡിപ്പിച്ച് വീണ്ടും അയ്യോ ഞാനിങ്ങനെയല്ല ഞാൻ ശരിയാകുന്നില്ല അയ്യോ ഞാൻ നമുക്ക് തീർച്ചയായിട്ടും അനുതാപവും ദുഃഖവും നമുക്ക് വേണം എന്നാൽ ഞാൻ കർത്താവേ അങ്ങയുടെ രക്തത്താൽ ഞാൻ കഴുകപ്പെട്ടു ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടു ഞാനിതാ അങ്ങയുടെ മകനായിട്ട് ഞാനിവിടെ നിൽക്കുന്നു അങ്ങയുടെ മകളായിട്ട് ഞാനിവിടെ ഇത് നിൽക്കുന്നു അങ്ങയുടെ മകനും മകളുമായി എനിക്ക് അങ്ങേ സ്തുതിക്കാൻ അങ്ങേയെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അങ്ങനെ നമ്മൾ യശയാവിൻ്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യം ഉണ്ടല്ലോ അവൻ വിഷണ്ട മന മനസ്സിന് പകരം അറുപത്തി നാലിലാണെന്ന് തോന്നുന്നു യശയാവ് വിഷണ്ട മനസ്സിന് സ്തുതി എന്ന മേലാട നമ്മളൊരു വിഷണ്ണ മനസ്കരായിട്ട് നമ്മൾ ഇരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല അതിനുവേണ്ടിയാണ് കർത്താവിൻ്റെ രക്തത്താൽ നമ്മൾ കഴിവൽപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിഷണ്ണ മനസ്സിനായിട്ട് നാം ഇരിക്കേണ്ട ആവശ്യമില്ല വാക്യം അങ്ങനെയാണ് അപ്പോ നമ്മളൊരു വിഷണ്ണ മനസ്സിലിരിക്കാതെ കർത്താവിന്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെട്ട് നമുക്ക് ഒരു സ്തുതി എന്ന മേലാടെയുള്ളവരായി ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നാം ഒരുക്കപ്പെട്ട് ഒരു സഭയായിട്ട് പണിതപ്പെട്ട് നാം കർത്താവിനോടൊപ്പം നിത്യനിത്യമായിരിക്കുമ്പോൾ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ വായിക്കുന്നത് അവിടെ നിന്ന് ദൈവത്തെ എന്നെന്നും സ്തുതിച്ചും അവിടെ ശബ്ദാരംഭങ്ങൾ അവിടെ ഒത്തിരി ഒച്ചയും ഒത്തിരി ശബ്ദവും ഒക്കെയുണ്ട് നമുക്കിവിടെ ഒട്ടും ഒച്ചയും ശബ്ദവും ഒന്നും ഇഷ്ടമല്ല അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്കാകെ അവിടെ നമ്മൾ സ്ട്രെയിൻചായിട്ട് തോന്നും സ്വർഗത്തിലാകെ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ഇത് എനിക്കും ഇവിടെ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് നമ്മൾ ആ കർത്താവിൻ്റെയും കർത്താവിനോടോ അടുത്ത് നിന്ന് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആളുകൾ സന്തോഷത്തോടെ സ്തോത്രത്തോടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി കർത്താവ് ചെയ്ത പ്രവൃത്തിയെ നന്ദിയോടെ ഓർക്കുമ്പോൾ നമ്മൾ ഇതെന്റെ സ്ഥലമല്ലേ എന്ന് നമുക്കൊരു ഒരു ഒരു പേടി ഒരു പെട്ടെന്ന് അവിടെ വെച്ച് നമുക്ക് ഉണ്ടാകരുത് ഇവിടെ വെച്ച് തന്നെ നമുക്ക് യേശുവിൻ്റെ രക്തത്തിന്റെ വില മനസ്സിലാക്കി കർത്താവെ അങ്ങ് എന്നെ കഴുകിയല്ലോ എന്നെ ശുദ്ധീകരിച്ചല്ലോ എന്നെ വീണ്ടെടുത്തല്ലോ നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരും ആയിരിക്കണം അതിനെ തുടർന്ന് ദൈവം നമ്മെ ഇവിടെ വെച്ച് പണിയാണ് ആ പണിയുടെ ഭാഗത്തിലും നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഞരക്കത്തോടെയല്ല എന്നൊരു പ്രയോഗമുണ്ട് ഞരക്കത്തോടെയല്ല നമുക്ക് സന്തോഷത്തോടെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഒരുപക്ഷെ നമുക്ക് വേദനയുണ്ട് പ്രയാസമുണ്ട് നമുക്ക് എളുപ്പമല്ല പക്ഷെ നമുക്ക് ദൈവത്തോട് കർത്താവ് അങ്ങയുടെ കൃപ എനിക്ക് മതി അങ്ങ് എന്നെ സഹായിക്കും എന്നിലൊരു പ്രവൃത്തി അങ്ങ് ആരംഭിച്ചു അങ്ങ് അത് തീർക്കും ഞാനിങ്ങനെ ഒരു ഭാരവുമായിട്ട് ഇരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഭാരങ്ങളെ നീങ്ങിയവരായി ഒരു സ്തുതി എന്ന മേലാടയോടെ ഈ ഒരു വഴിയിലും കർത്താവെ ഞാനൊരു പാട്ടോടെ അങ്ങയോടൊപ്പം ഞാൻ പോകും അങ്ങനെ എന്നെ സഹായിക്കും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമുക്ക് അന്യോന്യവും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാനും പണിപ്പെടാനും ഒരു സഭയായിട്ട് നമുക്ക് കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് നമുക്ക് അവിടെ നിൽക്കുവാനും നമുക്ക് കഴിയും കർത്താവ് നമ്മെ ആ ഒരു പ്രവൃത്തിയിൽ പ്രിയ സൗരി സൗന്മാരെ നമുക്ക് നമുക്ക് ആ ഒരു പ്രവൃത്തിയിലായിരിക്കാം വരുന്ന ദിവസങ്ങളിൽ കർത്താവ് നമ്മൾ ആ പ്രവൃത്തി ചേട്ടൻ ഞാൻ ഒറ്റ വാക്യവും കൂടെ കാണിച്ച് നമ്മൾ എസ് കെൽ മുപ്പത്തിയേഴാം അധ്യായത്തിൽ ഈ ഒരു പ്രവൃത്തി ദൈവം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് പലപ്പോഴും നമ്മെ തന്നെ നോക്കുമ്പോൾ നമ്മളിതാ ഉണങ്ങിയ അസ്ഥികളെ പോലെ ഉണങ്ങിയ അസ്ഥികളുടെ ഒരു താഴ്വര നമ്മൾ എസ് കെലിൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിൽ നാം കാണുന്നു അവിടെ ഇതാ പലപ്പോഴും നമ്മളിങ്ങനെ ഇങ്ങനെ ഉണങ്ങിയ അസ്ഥികളെ പോലെയാണ് താഴ്വര അസ്ഥി കൊണ്ട് നിറഞ്ഞിരുന്നു രണ്ട് അവ അവയുടെ പരപ്പിൽ താഴ് രണ്ടാം വാക്യം താഴുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു അവ ഏറ്റവും ഉണങ്ങിയിരുന്നു എന്നാൽ അതിൻ്റെ മധ്യത്തിൽ കർത്താവ് മനുഷ്യപുത്ര ദൈവം ചോദിക്കുന്നു ഈ അസ്ഥികൾ ജീവിക്കുമോ അതിന് ഞാൻ യഹോവയായ കർത്താവെ നീ അറിയുന്നു കർത്താവെ നീ അറിയുന്നു എന്നിലൊരു പണി ചെയ്യുവാനായിട്ടാണ് കർത്താവെ അങ്ങെന്നെ വിളിച്ചിരിക്കുന്നത് അങ്ങ് എന്നിൽ ഒരു പണി ചെയ്യും അങ്ങ് എന്നിൽ ഒരു അങ്ങ് ആ പ്രവൃത്തി നിവർത്തിക്കും അങ് എന്നിൽ ചെയ്യും ഞാനത് വിശ്വസിക്കുന്നു കർത്താവെ എന്ന് പറഞ്ഞ് നമ്മള് ദൈവകാരങ്ങളിലേക്ക് ഈ അസ്ഥികൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ചിതറിക്കിടക്കുന്ന അസ്ഥികൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് നാലാം വാക്യം അവൻ എന്നോട് കൽപ്പിച്ചത് നീ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവരോട് പറയേണ്ടത് അസ്ഥികളെ ഇവിടെ വചനം കേൾക്കുവീൻ യഹോവയുടെ കർത്താവ് യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരളിച്ചിരിക്കുന്നു നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും എന്ന് ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും എന്നിട്ട് തുടർന്ന് നാം ആ ഭാഗത്ത് വായിക്കുന്നു ഒമ്പതാം വാക്യം ശ്വാസമേ ഇനി നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക പത്താം വാക്യം ഞാൻ അപ്രകാരം പ്ര പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്ന് നിന്നു ചിതറിക്കിടക്കുന്ന അസ്ഥികൾ ഒന്നായി ഒരു ശരീരമായി ജീവനുള്ളവരായി ഒരു സൈന്യമായി ദൈവത്തിൻ്റെ സാക്ഷികളായി ദൈവത്തിന് വേണ്ടി ഒരു ദൈവത്തിന് വേണ്ടി ഒരു സൈന്യം പോലെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു പ്രവൃത്തി നമുക്ക് ഈ ഒരു പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അവിടെ ഒരു വലിയ പങ്കുണ്ട് നമ്മിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ നാം വിശ്വാസത്തോടുകൂടി നമ്മെ തന്നെ നമ്മൾ അതിനെ തുറന്നു കൊടുക്കണം നാം ഏൽപ്പിച്ചു കൊടുക്കണം നമ്മുടെ കർത്താവെ ഞാനല്ല അങ്ങാണ് എന്നിൽ ചെയ്യുന്നത് അങ്ങയുടെ രക്തമാണ് എന്നെ കഴുകുന്നത് അങ്ങയുടെ രക്തമാണ് എന്നെ ശുദ്ധീകരിക്കുന്നത് അങ്ങയുടെ രക്തത്തിലൂടെ എനിക്ക് നീതീകരണമുണ്ട് എനിക്ക് നീതീകരിച്ച് അങ്ങയുടെ മകനായി മകളായി എൻ്റെ മുഴു പാപങ്ങളെയും അങ്ങ് ശുദ്ധീകരിച്ചു ഇനി ഞാൻ പാപത്തിൻ്റെ ഒരു കുറ്റബോധവുമായിട്ട് ഞാൻ നിൽക്കേണ്ട ആവശ്യമില്ല എൻ്റെ എൻ്റെ നീതിപ്രവൃത്തികളുമൊക്കെ ആയിട്ടല്ല ഞാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നത് അത് നമ്മ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് നമ്മുടെ നീതിപ്രവൃത്തികൾ ദൈവത്തിൻ്റെ മുമ്പാകെ കറബുരണ്ട തുണി പോലെയാണ് അതിനെ തുടർന്ന് കർത്താവെ നീ എന്നിൽ ഒരു പണി ചെയ്യുന്നു ആ പണിക്കും ഇതാ ഞാൻ കർത്താവെ അങ്ങ് ഒരു ഉറവയാണ് ആ ഉറവ എന്നിൽ കർത്താവ് എന്നെ കഴുകി എന്നെ ശുദ്ധീകരിക്കുകയോ മാത്രമല്ല എന്നെ പണിയുന്നു ഞാൻ ആ പണിയുടെ ഭാഗമായിട്ട് ഞാൻ നിൽക്കുന്നു അങ്ങ് എന്നിൽ ചെയ്യുന്ന പ്രവൃത്തി മാത്രമല്ല എൻ്റെ സൗദരി സൗകര്മാരുമായിട്ടുള്ള മധ്യത്തിലും കർത്താവെ അങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നു ഞാനിതാ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു അങ്ങയുടെ ആത്മാവ് ഈ പ്രവൃത്തി എന്നിൽ ചെയ്യണമേ അങ്ങനെ നാം പ്രവൃത്തി ചെയ്യുവാനായിട്ട് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഉണങ്ങിയ അസ്ഥികളായിട്ട് നാം ചിതറിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മെ പണിത് ഒരു ശരീരമായ സഭയാക്കി നാം ഒരു സൈന്യമായി ഈ പ്രദേശത്ത് ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്ന ഒരു കൂട്ടമായിട്ട് നാം മാറണം ദൈവം അതിനെ നമ്മെ സഹായിക്കും നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ വരുന്ന ആളുകൾ നമ്മുടെ മധ്യത്തിൽ ദൈവമുണ്ട് എന്നറിയണം അവിടെ ഇതാ അവരുടെ ജീവനും അവരുടെ സന്തോഷവും അവരുടെ ഉത്സാഹവും അവരുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ജീവന്റെ ആ ചൈതന്യവും ഒക്കെ കണ്ട് ദൈവത്തിന്റെ വചനത്തിലൂടെ പാപബോധം ഉണ്ടാകുന്നതിലൂടെ ഒക്കെയാണ് കർത്താവ് ഇവിടെയുണ്ട് കർത്താവ് ഇവിടെയുണ്ട് ഈ കൂട്ടത്തിൽ പോകുന്നത് നല്ലതാണ് നമുക്ക് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ചെല്ലുമ്പോഴും അവിടെ ജീവൻ നമുക്ക് പകരുന്നവരായി മാറുവാനായിട്ട് കഴിയും ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് ആ ഒരു വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ആത്മാവോടെ നമുക്ക് ഇന്ന് ആയിരിക്കാം